ദൈവനുടേ പ്രതിദാന കൃപൈകൾക്കാദേവനുക്ക് നൻസുകേൻ ദൈവത്തിൻ്റെ വളരെ അധികമായ കൃപയ്ക്കായി ദൈവത്തിനെ നന്ദി കരേറ്റണം പുസ്തകം നാപ്പത്തി മൂന്നാം അധികാരം ഏഷ്യാവ് നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടാവസനത്തെയും പത്തൊമ്പതാം വാസനത്തെ നാം പത്തൊമ്പത് വാക്യങ്ങൾ നമുക്ക് വായിക്കാം എസ് ആവ് നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് അർമ്മയാണ് വാഴിയപ്പിള്ള ദേവനുടേ സമൂഹത്തിൽ കൂടി വന്നിരിക്കുന്ന നാം എൻ്റെ വാർത്ത അപ്പടിയേ നാം വിശ്വാസിപ്പും ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ച ഈ വാക്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സ്വീകരിക്കാം മുന്തിന്വികളെ നിങ്ങൾ നനയ്ക്കുവേണ്ട മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പൂർവമാണവികളെ പഴയവികളെ നിങ്ങൾ ചിന്തിക്ക പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വിഷയങ്ങളെ നാം നാം മറക്ക ചില കാര്യങ്ങൾ നാം മറക്കേണ്ടതുണ്ട് നനയ്ക്കാമും സിന്ധിക്കാമോ ഇരിക്കും ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് കൺഫ്രൻസില് ദേവനും ഉണ്ടോ പുതിയ കാര്യത്തെ ദേവനാൽ ചെയ്യക്കൂടും ഈ കെമ്പിൽ ഈ കൺഫറൻസില് ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും ഉണ്ടായ കൺഫ്രൻസിലൂടെ വരുംപോദുകൂടെ സിലരുടെ ഹൃദയങ്ങളില കസപ്പ് വൈരാക്കിയുടെ കൂടെ വന്നിരിക്കാം ഒരുപക്ഷെ ഈ കോൺഫറൻസിൽ നിങ്ങൾ വരുമ്പോൾ ചിലരുടെയൊക്കെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കയ്പോ വിദ്വേഷമോ നിറഞ്ഞ് നിങ്ങളിവിടെ വന്നിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട് ചില വരുത്തത്തോട് വന്നിരിക്കാം ഒരുപക്ഷെ ഏതെങ്കിലും പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ വേദനയിലൂടെ നിങ്ങൾ വന്നിട്ട് വന്നിട്ടുള്ളവരായിരിക്കാം ഉള്ള പെറ്റോർമേല കൂടെ ഉങ്ങൾക്ക് വരുത്താറുക്കളാം ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായിരിക്കാം ഉള്ള ഉടൻപിറന്തെ സഹോദരങ്ങളോട് കൂടെ കൂടെ വരുത്താറുക്കളാം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പിറന്ന സഹോദരന്മാരോട് സഹോദരിമാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നേക്കാം ഉള്ള തൃമണമായി വെളിയിൽ സെൻറ്റിക്ക് ഉള്ള സഹോദരനെ കുറിച്ച് ഹൃദയത്തിൽ വർത്തം ഒരുപക്ഷേ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയാൽ നിങ്ങളുടെ സഹോദരനോട് സഹോദരിയോട് നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരിക്കാം ഉണ്ടേ കല്ലൂരിയിൽ ഉണ്ടായ വേലസ്ഥലത്തിൽ ഉള്ള സ്കൂളിൽ ഉള്ളതാണ് ഉണ്ടെ ഒരു വർത്തങ്ങൾ എടുക്കലാണ് നിങ്ങളുടെ കോളേജിൽ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആരെങ്കിലും അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ വിദ്വേഷമോ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായേക്കാം ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരോട് സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായേക്കാം മറന്ന് വിടുങ്ങുന്നു ഇങ്ങനെയുള്ള പ്രയാസത്തോടും വിദ്വേഷത്തോടുമാണ് നിങ്ങൾ ഈ കോൺഫറൻസിൽ ഇരിക്കുന്നതെങ്കിൽ നാം ഇവിടെ വിതയ്ക്കുന്ന എല്ലാ ദൈവവചനത്തിന്റെ വിത്തുകളും അത് കിഴത്തെയുള്ള ഓട്ടയുള്ള ഒരു സഞ്ചിയിലിടുന്നത് പോലെയായി മാറും അപ്രകാരം നാം പങ്കുവയ്ക്കുന്ന ദൈവ വചനങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവവും ഞാനും ആഗ്രഹിക്കും ഒരു കാര്യത്തെ നാല് വെമ്പുറേൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ കേസയാവൻ ആദ്യാഹം പുസ്തകം ഐമ്പതാം അധികാരം ഉൽപ്പത്തി അൻപതാം അധ്യായം ആദ്യവും ഐമ്പതാം അധികാരം ഉൽപ്പത്തി അൻപത് നാം ജോസഫെ നാം ഇങ്ങനെ നാം വാസിക്കോ അവിടെ നാം ജോസഫിനെ വായിക്കുന്നു വായിക്കാം എന്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു ജോസഫ് തൻ്റെ ആദ്യജാതിന് മനുഷ്യ പേരിട്ട് അതക്കുപറക സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തെ അവന് എഫ്രഹീം എന്ന് പേരിട്ടു ഉടിയ വാഴയിൽ ഒരു എബ്രഹിം ദേവൻ ഉണ്ടെ ആശീർ ആശ്രവിക്കുന്നു പഴുക പെരുമെൻറ്റാൽ ഉള്ള വാഴയിലൊരു ആശീർവാദത്തെ നിങ്ങൾ പാർക്ക വേണ്ടാൽ മുതലാവ് ഉണ്ടോ വാഴയില ഒരു മനാസേ പേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പച്ചപ്പും ഒരു മുൻപോട്ടുള്ള ഒരു വഴിയും തുറക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഒരു മനശ് നിങ്ങളുടെ ജീവിതത്തിൽ പിറ പിറക്കണം പഴയ ഉടൻപിടിക്കുള്ള മോശയാൽ ചൊല്ലമുടിഞ്ഞതായി പഴയ നിയമത്തിൽ മോശ ഇപ്രകാരം പറഞ്ഞു എൻ വരുത്തങ്ങൾ എന്നുടേ എന്ന എന്നുടേ സഹോദരങ്ങൾ കൊടുത്ത എല്ലാ വരുത്തങ്ങളെയും മറക്ക പണിഞ്ഞാർ അവിടെ ജോസഫ് എൻ്റെ സകല എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദിജാതന മനഷേ എന്ന് പേരിട്ടു അമ്പ്രിയവുകളെ ഉള്ള ഒരു എബ്രഹിം വരവെങ്കിൽ മുതലാത് ഒരു മനാശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു മനുഷ്യ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം കേക്കണോ നിങ്ങളുടെ ഈ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറക്കുവാനായി നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം നാം ഇങ്ങനെ വാർത്ത കാണിക്കം യോവൻ എഴുതി യോകാം അധ്യായം യോവാൻ സുഷം യോകേ കൃഷ്ണത്തിൽ എടുത്തു ചെല്ലപ്പെടുക കർത്താവേശു സ്വർഗത്തെക്ക് എടുത്തുകൊള്ളപ്പെടുന്ന സമയം ഇന്ന് ഒരു പത്ത് നാടുകളിൽ ബന്ദകോസ്ത നാളിൽ പരിശുദ്ധാനുടേ അഭിഷേകം പെരുന്നിവസത്തിനു ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പെന്തക്കോസ് നാളിൽ ഉണ്ടാകുവാൻ പോവുകയാണ് ആനാ അവരുടെ ഹൃദയം വന്ന് മികവും വരുത്തത്തിനാലും കസപ്പിനും നിറഞ്ഞതാരുതൽ ഹൃദയം വളരെ പ്രയാസത്താലും നിറഞ്ഞിരുന്ന ഒരു സമയം ആണ്ടവരായി എങ്ങോടെ ആണ്ടവരായി അന്നാ കൈപ്പാ സേർന്ന് കൊണ്ടാക ഞങ്ങളുടെ കർത്താവിനെ ഹന്നായും ഹന്നാവും കയ്യപ്പാവും ഒക്കെ ചേർന്ന് കൊന്നുകളഞ്ഞല്ലോ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള ഈ പ്രകാരമുള്ള ചിന്തകളുണ്ടായിരുന്നു ഹേറോദാവ് ഞങ്ങളുടെ നേതാവിനെ കൊന്നുകളു കൊളസെറ്റാർ പിലാത്തോസ് കർത്താവിനെ കൊന്നുകളു പരിസരന്മാർ കർത്താവിനെ കൊന്നുകളഞ്ഞു ന്യായശാസ്ത്രീകൾ ചേർന്ന് കൊന്നിട്ടാങ് ന്യായശാസ്ത്രീമാർ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ കർത്താവിനെ കൊന്നുകളു ദ്രോഹിട്ടോഹിയായത് ആ ശിഷ്യന്മാരുടെ ഹൃദയം പ്രയാസത്തിനാലും വേദനയാലും ഭയത്താലും ഒക്കെ നിറഞ്ഞിരുന്ന ഒരു സമയം ജീസസ് അവരുടെ യേശു ക്രിസ്തു അവരുടെ ഹൃദയത്തെ കണ്ട് പത്ത് നാട്ടുക മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഹൃദയമാണ് അവർക്ക് അതുകൊണ്ട് വളരെ ജ്ഞാനത്തോടു കൂടെ കർത്താവ് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ് ഒറ്റ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിനു വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്യുന്നത് നിങ്ങൾ വായിക്കുക ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ ോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയുംവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ആവണോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയുകയില്ല ഇന്ന് രാവിലെയും രണ്ട് നാടുകൾ കൺഫറൻസ് ഉള്ളോട് കൂടെ നെസ്സാർ ഈ രണ്ടര ദിവസത്തെ കൺഫറൻസില് ദൈവം നിങ്ങളോട് വളരെ അധികം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടും പൈൽ എന്ന് പോയി അത് ഓട്ടുള്ള സഞ്ചയിൽ ആ വാർത്തകൾ നഷ്ടപ്പെട്ടു പോകുന്നത് പർശുദ്ധിയുടെ അഭിഷേകത്തെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാറവിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ കാട്ടിൽ കൂടുതലായിട്ട് പരിശു കർത്താവിന് ദൈവത്തിന് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ അറിയണം ആദയത്തിലെ എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഉള്ള പാവങ്ങളെ മണ്ണിക്കുമ്പോഴേ അത് തപ്പിതത്തെ അവർ കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചത് മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച് ഒരേ ഒരു കാര്യത്തി നമുക്കിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് എന്റെ ഹൃദയം കർത്താവ് ഈ നിലം അത് അങ്ങനെ വചനം സ്വീകരിക്കുമാർ ഒരുക്കപ്പെട്ട നിലമായി മാറുവാൻ ഞാൻ ഇവിടെ ഒരു വ്യക്തിയോടും എനിക്ക് കൈപ്പോ വിഷത്തോ കൂടെ പ്രയാസത്തോട് കൂടെ ഞാൻ ഇന്ന് ഈ കോൺഫറൻസിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അവരോട് ക്ഷമിക്കുന്നു അവരെ സ്വതന്ത്രരാക്കുന്നു എന്നെ കളിയാക്കി എന്റെ സുഹൃത്തിനോട് അവനെ സ്വതന്ത്രനാക്കുന്നു സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുന്നു സ്വന്തം സഹോദരൻ എന്റെ സഹോദരി എന്റെ പിതാവ് എല്ലാവരോട് ഞാൻ ക്ഷമിച്ച് അവരെ ഞാൻ സ്വതന്ത്രരാക്കുന്നു ടീച്ചർ എന്റെ അധ്യാപകൻ എന്റെ ജോലിസ്ഥലത്ത് എൻ്റെ അധികാരി ആരായിരുന്നാലും ആരാണെങ്കിലും ഈവൻ യുവർ ചർച്ച് എൽഡർ ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലെ മൂപ്പനായിരിക്കാം ആരാണെങ്കിലും ആ വ്യക്തികളെ ഇന്ന് ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുന്നു ഹൃദയത്തിൽ അല്പം പോലും ഒരു അവരോടുള്ള വിദ്വേഷം ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ കർത്താവേ ഈ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഊതിയതുപോലെ എന്റെ മേൽ പരിശുദ്ധാത്മാവിനെ നാമത്താൽ ഞാൻ അവരെ സ്വന്തെന്ർത്താവെ ഞാൻ ഇപ്പ uh, കുഞ്ഞു <tabay> നിങ്ങളുടെ ഈ യൗവനപ്രായത്തിൽ ഇപ്രകാരമുള്ള കലക്കങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കവേണ്ട നമുക്ക് പ്രാർത്ഥനയുടെ ഒരാത്മാവോടുകൂടെ ഈ കോൺഫറൻസ് നമുക്ക് ആരംഭിക്കാം ശാന്തമായി നിങ്ങൾ കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ ഊതണമേ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ ആ വ്യക്തിയെ സ്വതന്ത്രനാക്കി വിടുന്നു എനിക്ക് ശക്തിയില്ല കർത്താവ് അങ്ങയുടെ ശക്തി പുതിയ കാര്യത്തെ ചെയ്യുക കർത്താവേ ഈ കൺഫറൻസില് ഒരു പുതിയ കാര്യത്തെ അങ്ങ് ചെയ്യണമെങ്കിൽ ഇബ്രാഹിം വേണ്ട കർത്താവേ എഫ്രഹീം എന്ന പേര് അങ്ങയാൽ വർദ്ധിക്കപ്പെടുന്ന അനുഭവം എനിക്ക് വേണം എനിക്ക് പരിശുദ്ധാവിന്റെ അഭിഷേകം വേണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് വേണം കർത്താവ് അതൊക്കെ എനിക്ക് ഊതുക അതിനു മുമ്പായി കർത്താവെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഊതണമേ ായിവ സഭയിൽ അങ്ങ്പ്പെട്ട യുവാക്കന്മാർക്കായി യുവതികൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഹൃദയത്തിലെ ആണ്ടവരെ യാതൊരു കസപ്പ് വൈരാക്യം ോ പ്രയാസങ്ങളോ വേദനകളോ വിഷമോ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത് കർത്താവേവർക്ക് മണ്ണിക്കൂടാ ഹൃദയം ഈ ഹാളിലുള്ള ഒരു വ്യക്തിക്ക് പോലും കർത്താവേ മറ്റുള്ളവരുടെ ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു ഹൃദയം ഉണ്ടാകരുത് കർത്താവ് മണ്ണിക്ക് കൂടി ഇരുതയത്തെ താങ്ങാണ്ടവരെ കർത്താവെ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു മാർഗവമായ ഹൃദയത്തെ അവരുടെ ആണ്ടവരെ ഊതുങ്ങാണ്ടവരെ പ്രാർത്ഥിക്കും തടേ പണ്ഡിന്റെ നാമത്തിലാണ് എതിർത്ത് നിൽക്കുന്ന അവരെ തടസ്സപ്പെടുത്തുന്നവരെ നാമത്തിൽ എതിർത്തുന്ന കുമാനായി പറ്റിക്കൊള്ളുമ്പോ കൃപയെ താങ്ങാണ്ടവർ കർത്താവേ ിൽ പിടിച്ചുവാൻ അവർക്ക് വലിയ വിശ്വാസിക്കാൻ വിശ്വാസിക്കോ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമീൻ ആമീൻ നിങ്ങൾ വിശ്വസിക്കുന്നു ആമീൻ പറഞ്ഞാട്ടെ കൈ കരങ്ങളെ ഉയർത്തി അമീൻ ഗ്രൗണ്ട് എവിടെ ഇരിക്കുന്നു നിലവെങ്ങനെയാണ് ഇരിക്കേണ്ടത് യാർ വലിയ എന്നടൻ ആരോടും എന്താണ് നിങ്ങൾക്ക് എപ്രകാരമായിരിക്കണം നിങ്ങളുടെ ഹൃദയം ഓക്കെ മൂന്നാം അധ്യായം പൗൽ പനിയും പതിമൂന്നാം വാസനത്തി മൂന്നാം അധികാരം പനിയും മൂന്ന് പന്ത്രണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഇവിടെ അപ്പസൂലായ പൗലോസ് തന്റെ സാക്ഷ്യം കൂടെ ചേർത്ത് പറയുകയാണ് നമ്മുടെ കോൺഫിഡൻസിന്റെ തീം യേശുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അതായത് നാം അവരെ പിടിച്ചു കൊള്ളറോ അപാര്യത്തെവിടെ അവർ മുതലാത് നമ്മളെ പിടിക്കാറ് നാം കർത്താവിനെ പിടിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിൽ ഉപരി ആദ്യമായി കർത്താവാണ് നമ്മെ പിടിക്കുന്നത് നാം സ്വാഭത്തിൻപടിവയാണ് നമുക്ക് സ്വാഭാവികമായി കർത്താവിനെ പിടിക്കുവാൻ താല്പര്യമുള്ളവരല്ല നാം സ്വാഭവത്തിൻപടി എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ യാക്കോബ് എകാരം പിടിച്ചു അതുപോലെയാണ് ിൻ കർപ്പത്തിലിരുന്ന് പിറന്ന ഉടനെയെ പിടിച്ചു കൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് സഹോദരനായ കുതികാൽ പിടിച്ചു എന്ന് നാം വായിക്കുന്നു ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് പിടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് പിറന്തു പുറത്തേക്ക് വന്ന ശേഷം അവനുടേ വാളിവ പ്രായം മുഴുവനും തന്റെ യൗവന കാലം മുഴുവൻ അവകാശം വരേണ്ടിയിരുന്ന ആ അനുഗ്രഹത്തെ അതും അവൻ പിടിച്ചു വെച്ചു കൊഞ്ചുനാൾ കളിത്ത് അങ്ങിരുന്ന് തന്നെ മാമനാരെ ലാബാൻ വീട്ടിൽ അതിനുശേഷം തന്റെ അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു അങ്ങ് അവിടെ ചെന്ന് തൻ്റെ തൻ്റെ അങ്കിളായ പിടിക്കുന്നു ഏഴു വർഷമായി പിടിച്ചു കൊണ്ടിരുന്ന പിടിച്ചുകൊണ്ടേ അതൊരു ഒരു പ്രേമമായിരുന്നു പിടിക്കരുന്ന് തവറായി ലേളെ പിടിത്തുകൊണ്ടാ പിടിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും അവൻ പിടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ജീവിതം നോക്കുക ജീവിതത്തിൽ ഉടനീളം എന്തെങ്കിലും ഒന്ന് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ അമ്മായിയപ്പൻ്റെ സമ്പത്ത് പിടിക്കാനായിട്ട് തുടങ്ങി ആടിനെയും അപ് വിട്ടിട്ട് കടിയും എല്ലാവർക്കും എല്ലാവരും കടന്നോ കാറ്ററയിൽ പറ്റിക്കൊണ്ടാണ് യാക്കോബിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിക്കുക യഥാർത്ഥം എന്തെങ്കിലും മറ്റെന്തെങ്കിലും അവസാനം ദൈവത്തെ ഓടിക്കൊണ്ടിരുന്ന പിടിച്ചുകൊണ്ടിരുന്ന ഞാൻ െ പിടിക്കുന്നവനായി നാം മാറുന്നു അതാണ് അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ നാൻ സിനിമ പാകേ അതെ വിട്ടേ ഇതെ വിട്ടിട്ടേ അത്യൂഷൻ അല്ലേ ഞാൻ ഇപ്പൊ സിനിമ കാണുന്നത് നിർത്തി ഞാൻ അത് വിട്ടു ഞാൻ ഈ കാര്യം വിട്ടു എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള രക്ഷണത്തിനാനപ്പെട്ടു ഞാൻ ചർച്ചിലെടുക്കാൻ പേ ഞാനിപ്പോ സഭയിലാണ് അപ്ഡിൻ്റമാണ് അനുഭവം അല്ലേ അങ്ങനെയുള്ള ബാഹ്യമായ ചില അനുഭവങ്ങൾ അല്ല രക്ഷ യഥാർത്ഥത്തിലുള്ള രക്ഷുവിട്ടേണ്ടി മാത്രമല്ല എല്ലാം വിട്ട ശേഷം ഞാൻ ഇതാ കർത്താവിനെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷെ ഇവിടെമാരെ ഇപ്രകാരം ആയിരിക്കണം നിങ്ങളുടെ രക്ഷ നാം ഇയർ പിടിക്കുന്നവർ അല്ല നാം സ്വാഭാവികമായി കർത്താവിനെ ഇപ്രകാരം പിടിക്കുന്നവരല്ല നമ്മമേദയാദോൺը പറ്റിക്കൾക്കുകരവർ നമ്മഎന്തിനെങ്കിലും പിടിക്കുന്നവരാണ് ഓക്കേ ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ കാണികേ വരുംബ്രേൻ ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കട്ടെ അവർ എதை പിടിച്ചു കൊണ്ടിndarray എന്നാൽ പൗലോസ് എന്തേയാണ് പിടിച്ചു കൊണ്ടിരുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 26 ആമദികാരത്തിൽ ഞാൻ വാസിക്കרום അപ്പോസ്തലപ്രവൃത്തികൾ 26 ആം അപ്പോസ്തലപ്രവൃത്തികൾ 26 തൻറെ ടെസ്റ്റിമണിയവർ കുറുക്കുകാരൻ തൻറെ സത്യം പൗലോസ് പറയുന്നത് സ്രദ്ധിക്കുക ഒൻപതാം വസനത്തിലോ ഒൻപതാം പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം അതിലെ നല്ല ഒരു നാമത്തിൽ നടപ്പിക്കും ഇവിടെ ും എന്ന് വിചാരിച്ചു നാമത്തിന് പത്താം വാക്യം ജീവിതവും ആയിരുന്നിരിക്കാം ഇതുവരെ നാമത്തിൽ യേശുവിന്റെ നാമത്തിന് വരോധമായി അനേക കാര്യങ്ങൾ അതായത് വരുമ്പറ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി അനേകങ്ങൾ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു സത്യം എന്നാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതം അപ്രകാരമായിരിക്കാം നിറയെ സ്വാർത്ഥ ചിന്തകൾ നിറഞ്ഞ ഒരു ജീവിതം നാം വാസിച്ചതുപോലെ മറന്ന് മുമ്പിൽ ആഞ്ഞം കൊണ്ട് പരമവിളിക്കായി വിരുതിലേക്ക് ലാക്കിലേക്ക് അർമ്മയാണ് എന്റെ ജീവിതത്തിലും അപ്രകാരം ഉണ്ടായിരുന്നു ഞാന് ഒരു പട്ടണത്തിലാണ് വളർന്നത് ഞാൻ വേലസ്ഥലത്തോട് ഒരു ഗ്രാമത്തിൽ എൻ്റെ ജോലിക്കായി ഞാനൊരു ഗ്രാമത്തിലേക്ക് പോവുകയുണ്ടായിരുന്നു ടൗൺ തിരുക്കാട്ടുപള്ളി എന്ന് പറയുന്ന ഞാനായിരിക്കുന്ന സ്ഥലം അതൊരു ചെറിയ ഗ്രാമമാണ് ടൗൺ പിറന്നത് ടൗൺ പഠിച്ചത് ടൗൺ എല്ലാം എൻ്റെ ജീവിതം ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ പട്ടണത്തിലായിരുന്നു ഞാൻ വില്ലേജ് പോയി എൻ്റെ ജോബ് എടുത്ത ഉടനെ ഞാൻ ഇപ്രകാരം ഈ ഗ്രാമത്തിൽ പോയി ഞാൻ ആ ജോലി സ്വീകരിച്ച ഉടനെ രണ്ടേ വർഷത്തിലെ പ്രൊബേഷൻ പീരീഡ് മുടിച്ച ഉടനെ രണ്ട് വർഷം എൻ്റെ പ്രൊബേഷൻ കാലാവധി കഴിഞ്ഞ ഉടനെ ടൗൺ ലൈഫിൽ പോയിരുന്നു എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ടൗണിൽ മാറണം ടൗണിലേക്ക് മാറണം എന്നായിരുന്നു എൻ്റെ താൽപ്പര്യം നല്ല ഹയർ സെക്കൻഡറി സ്കൂൾസ്ക്കു മേലെ ഞാൻ ഇരിക്കുന്ന പ്രൈമറി ലെവലില്ലാതെ ഹയർ ലെവൽ സ്കൂൾ ട്രാൻസ്ഫർ ആയി ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ പ്രൈമറി സ്കൂളിൽ അല്ല എനിക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പട്ടണത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകണമെന്നായിരുന്നു എൻ്റെ താല്പര്യം എന്നോട് ക്വാളിഫിക്കേഷനു തന്നപ്പോൾ പ്രൊമോഷൻ കിടക്കും എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷന് അനുസരണമായിട്ടുള്ള പ്രൊമോഷൻ എനിക്ക് കിട്ടണം ഒരു സ്കൂൾ ഒന്ന് ആരംഭിക്കണോ ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ ഒന്നും ആരംഭിക്കണോ പറ്റുമെങ്കിൽ ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ എനിക്ക് സ്വയമായിട്ട് തുടങ്ങണം ഞാൻ ഓണർഡന്റ് ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായ ാണ് എന്റെ സ്കൂളിന്റെ ഉടമ പ്രിൻസിപ്പൽ ഭാര്യയെ പ്രിൻസിപ്പൽ എന്നുള്ള ചിന്തകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളായിരിക്കാം പക്ഷേ മറ്റു പലതരത്തിലുള്ള സ്വാർത്ഥ ചിന്തകളായിരുന്നു അവര് ആ തന്റെ യഹൂദ മതത്തിനും വേണ്ടി വളരെയധികം വൈരാഗ്യത്തോടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു അവർക്ക് അദ്ദേഹത്തിനും പല സ്വാർത്ഥപരമായ ചിന്തകളുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ അത് പ്ലാജക്ട് അത് പ്ജെക്ട് എന്നാ അവർ കൈ കിടച്ച പ്ോജക്ട് എന്നാസ്റ്റിയുൻപറത്തു സെയില അടക്കണെ അവർ എടുത്തോസിനെ സംബന്ധിച്ചോളം പൗലോസ് താൻ ഒരു ദൗത്യവുമായി പുറപ്പെട്ടിരിക്കുകയാണ് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് കൃഷ്താനികളെ മുഴുവൻ നശിപ്പിക്കണം പോയിട്ട് അങ്ങനെ ദമസ്കോസിന്റെ ആ റോഡിലൂടെ അവിടെ നാം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നാം അവിടെ വായിക്കുന്നു ഓക്കെ ഇങ്ങനെ ചെയ്തു ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവെ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ഉപദ്രവിക്കുന്നത് എന്ത് ശബ്ദം ഉള്ള യാത്രയിലാണ് യേശുവിനാൽ പിടിക്കപ്പെട്ട പൗലോസ് ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട പോലെയാണ് അവനെ സംഭവിച്ചത് അതാസ്കൂലെ പോയിട്ടേക്കാനത്തിലിൻപുരുത്തരമാൻ ഞാൻ ആകാശത്തുനിന്ന് ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ഡെമസ്കോസിലേക്കുള്ള യാത്ര വഴിയിൽ പൗലോസിനുണ്ടായ ശബ്ദം ഞാൻ മറ്റൊരു രീതിയിൽ വിവരിക്കട്ടെ യു ആർ അപ്പ ശൗലേ നീ നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്നനെ അറസ്റ്റ് பண்ணிட்டேன். ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നീ നിമേ എൻറെ എനിക്ക് സ്വന്തമാണ്. നീ ഇനി ഇനി മുതൽ നീ എൻ്റെ സ്വന്തമാണ്. യു ആർ എൻ്റെ അറസ്റ്റ്. നിന്നെ ഒരു कैदी ആക്കിയിരിക്കുന്നു. നീ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നീ ഇനിമേ എൻ്റെ സ്വന്തമാണ്. ഒന്നെ പിടിച്ചേട്ടാണ് ഞാൻ. ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു. ഇനിമേ ഓന്റെ പ്രോജക്റ്റ്ല ഇനിമേ കടയാദിനമേ അവൻ തന്നെ തന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുവാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ഉറസ്റ്റ് നിയമിക്കുവാൻ പ്രത്യക്ഷമായിരുന്നു അതിരള യൂത്ത് ലാഭ്യപ്പിള്ള വാഴുപിള്ളേ കേരളത്തിലെ ഈ യൂത്ത് കേംപിൽ കൂടിയിരിക്കുന്ന യുവാക്കന്മാരെയും യുവതിമാരെയോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒവ്വരെയും അറസ്റ്റ് പണ വരുമ്പ ഈ കോൺഫറൻസിൽ നിങ്ങളെ ഓരോരുത്തരെയും എന്തിനാണ് ആദ്യമായി നിങ്ങൾ അവന്റെ സാക്ഷിയായി നിൽക്കുവാൻ അതിനെ തുടർന്ന് നിങ്ങൾ അവൻ്റെ അത് പിന്നീടാണ് இந்த கான்ஃபரன்ஸ்ல தேவன் உன்னை అరెస్ట్ பண்ண விரும்புறார். இந்த கான்ஃபரன்ஸ்ல தேவன் నిన్నే అరెస్ట్ చేయുവാനైte ఆഗ്രഹించును. ఇన్ ద టైంలే అవర్ అరెస్ట్ వరంబుళే నీ తప్పిత్తుకున్నాద బుడికి నీ అరెస్ట్ అయిట్నే నీ బాக்கியவான். యేసుక్రీస్తుന്റെ ఈ విలికి ముంబాగే నీ నిన్నే తనే ఏల్పిచ్చుకొడుతు ఆ అరెస్ట్ నే నీ కీల్పడుగాయంగల్ నీ బాக்கியவான். illa prakshathil solugirade kel ില്ല എങ്കിൽ കാര്യത്താൽ പിടിക്കപ്പെടും ഒരു പക്ഷേ അത് ദുഃഖകരമായ ഒരു സാക്ഷിയായി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ പിടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പിന്നാടുകളിൽ നിങ്ങൾ എപ്പിടിപ്പ നിങ്ങൾ പിന്നീടുള്ള നാളുകളിൽ എപ്രകാരമുള്ള ഒരു ശുശ്രൂഷകനായി തീരുമെന്ന് ആർക്കാണ് അറിയാവുന്നത് അറസ്റ്റ് ഇപ്രകാരം കർത്താവ് പിടിക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എത്ര സഭകളെ സ്ഥാപിക്കാൻ ഒന്നുമേ അവർക്ക് എത്ര സഭകളാണ് സ്ഥാപിക്കുവാൻ പോകുന്നത് എന്തൊക്കെ ലേഖനങ്ങളാണ് താൻ എഴുതുവാൻ പോകുന്നത് ഇതൊന്നും ശൗലിനറിയില്ലായിരുന്നു േ കാണിക്കാതെ കർത്താവനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പൗലൂസ് പറയുന്നത് ഞാൻ അപ്രകാരം എന്നെ തന്നെ ഞാൻ താഴ്ത്തി കൊടുത്തു ഞാൻ പിന്നാടകളിലെ പിടുത്താറോ അത് പിടി കൊണ്ട് കാര്യങ്ങൾ ചെയ്തെ പിൽക്കാലത്ത് എന്ത് കാര്യത്തിന് വേണ്ടി ദൈവം വിളിച്ചുവോ ആ കാര്യങ്ങൾ പൗലൂസിന്റെ ജീവിതത്തിലൂടെ ഈ അറസ്റ്റിൽ തുടങ്ങി തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റി അമ്മയാണ് വാഴുപിള്ളേ െ പ്രിയ ചെറുപ്പക്കാരെനോ അതെ പിടിച്ച് കൊള്ളുമ്പോഴേ ലഭിച്ചു കഴിഞ്ഞോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേക ദൗത്യത്തിനായിട്ട് കർത്താവിനെ പിടിക്കുവാനായിട്ട് നമ്മുടെ മൂത്ത സഹോദരങ്ങളെ കുറിച്ച് നമുക്കറിയാം നാം മനുഷ്യ ായി ജീവിച്ചുള്ള സക്രിയനെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു എനിക്ക് ആ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഇരുപത്തിന് എന്താണ് അറിയാവുന്നത് എന്നാൽ അദ്ദേഹം കീഴ്പെട്ടു അതിന് കീഴ്പ്പെടാതെ അദ്ദേഹം ഇരുന്നില്ല നമ്മൾക്ക് മുൻപാണോ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാവുന്ന ഒരു നല്ല മാതൃക പിടിച്ചു അവർ എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ചത് മൊഴി പെർപ്പിടി ൾ തർജമ ചെയ്യാനായിട്ട് എന്തിനാണ് സുശേഷീകരണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കഴിഞ്ഞില്ല ായ <kartaa> പെൺകുട്ടി <kartaa> കൊണ്ടാവൂർ കൊണ്ടുവന്നെ അവളെ കൊണ്ടുവന്നു കൊണ്ടുവരുന്നത് അനേകുട്ടികളുടെ ജീവിതത്തിൽ ഒരു ിൽ ഏൽപ്പിച്ചു കൊടുക്കുക പിന്നെ കഴിഞ്ഞ പുറകിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക ഓൾഡ് അസോസിയേറ്റ് ഓൾഡ് ഫ്രണ്ട്സ് കഴിഞ്ഞ നാളുകളിലുള്ള നിങ്ങളുടെ സൗ നിങ്ങളുടെ മറ്റ് എല്ലാ ബന്ധങ്ങളും നിങ്ങൾ മറന്നു കളയുക ഓൾഡ് ലക്ഷ്യത്തിലേക്ക് പോവുകയെ നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഞാനും ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ പടിപടിയായിട്ടാണ് എൻ്റെ ജീവിതവും മുമ്പ് പല കാര്യങ്ങളെ പിടിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഞാൻ ആദ്യം കരിസ്മാറ്റിക് വിഭാഗത്തിലാണ് ക്രിസ്തീയത തുടങ്ങിയത് അത് കഴിഞ്ഞ് വിഭാഗത്തിലേക്ക് പോയി മുപ്പത് ആണ്ടുകൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സക്രിയ പൂനോടെ ബുക്സ് മറ്റാ പാക ആരംഭിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സക്കരിയ പൂനൻ സഹോദരൻ്റെ പുസ്തകങ്ങൾ ഞാൻ കാണുവാനായിട്ട് തുടങ്ങിയത് അതാണ് ടേണിംഗ് പോയിൻറ്റ് എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാക്കിയത് അവിടെ വെച്ചാണ് എന്നാൻസ് ആംബിഷൻസ് എനിക്ക് പല സ്വാർത്ഥ ലക്ഷ്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു ാണ്ഫറൻസ് കാലയളവിൽ ഒരു കോൺഫറൻസ് മാറി ദൈവം എന്നെ പിടിച്ചു എന്നെ അറസ്റ്റ് ചെയ്തു എന്റെ ലക്ഷ്യങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം അത് ഞാൻ എറിഞ്ഞു കളഞ്ഞു അണ്ടവരെയോ പിള്ളേതാവേ അങ്ങ് എന്നെ എന്തിനായിട്ട് പിടിച്ചുവോ ആ പൂർണ്ണതയിലേക്ക് കർത്താവെ ഞാൻ ആഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു അർമ്മൻ പറ്റുകൊള്ള വരുമ്പ ഇവിടെയുള്ള ഓരോ സഹോദരങ്ങളെയും നിങ്ങളെ കർത്താവ് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു നാം ഇന്നൊരു വാർത്തിക്കേണ്ട ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് കാണിക്കും ഒന്നാം അധികാരം പുസ്തകം രൂത്ത് ഒന്നാം അധ്യായം അവവൻ മേൽ ഒരു കാര്യത്തെ കാണിക്കൂത്തി ഒന്നാം അധികാരത്തിൽ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഉണ്ടായിരുന്ന ഒരു മനോഭാവത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ രൂത്തിനുടേ മാമി നഹോമി എന്നത് അറിവീട്ടു രൂത്തിൻ്റെ അമ്മായി അമ്മ നവോമിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നഹോമിയുടെ രണ്ടും നഹോമിയുടെ പുരുഷനും മറിത്താൻ നവോമിയുടെ ഭർത്താവ് മരിച്ചു അവനുടേ രണ്ട് മകനുകളും മരിത്താൽ തൻ്റെ രണ്ട് ആൺ മരിച്ചു മരുമകൾ രണ്ട് പേരും വിടോ വിധ വിധവയാന മരുമക്കൾ രണ്ട് പേരും അവർ വിധവ മാറി ഒരു ഒരു കാലഘട്ടത്തിൽ നഹോമി തന്നുടേത ഊരായി പെത്ലിയാമിക്ക് തുമ്പ വേണ്ട നെവ്വ്കുന്ന നവോമി തന്റെ സ്വന്തം നാടായ തിരികെ പോകുവാനായിട്ട് തീരുമാനിച്ചു നവോമി തന്റെ മരുമക്കളോട് ഇപ്രകാരം സംസാരിക്കുന്നു എട്ടാം വാക്യം എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താൻ തന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയാ ചെയ്യുമാറാകട്ടെ ഒമ്പതാം വാക്യം നിങ്ങൾ താൻ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവരെ ചുംബിച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു അതിന് നവോമി പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്തിനു എന്നോടുകൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കുവാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ ഒരു പുരുഷന് ഭാര്യയായിരിക്കുവാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി അല്ല അങ്ങനെ ഒരു ആശയം എനിക്കുണ്ടായി ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി ും വിടാതെ അവളോട് പറ്റി നിന്നു എന്ന് നാം വായിക്കുന്നു അവളുടെ അമ്മായിഅമ്മയായ നവോമി പറയുന്നു അമ്മായി അമ്മ മരുമകളായോട് സംസാരിക്കുന്നു നിനക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നീ ഒരു വിധവയായി മാറി വയസ്സാം വയസ്സായിരിക്കാം നീ എന്തിനാണ് തിരിച്ച് ബേത്ത് എന്നോട് കൂടെ വരുന്നത് ായത്തിൽ സന്തോഷമാക്കലാമേ നീ ഇപ്പോ ചെറുപ്പക്കാരിയാണ് നീ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടെ നിനക്ക് മറ്റൊരു കുടുംബജീവിതം നയിക്കാമല്ലോ അങ്ങനക്ക് പുരുഷൻ കിടക്കലഹിയിൽ എന്നോട് കൂടെ വന്നാൽ കിട്ടുകയില്ല സന്തോഷം കിടയാല്ല നിനക്ക് മക്കൾ ഉണ്ടാവുകയില്ല പോടി ഇടം കിടക്ക് ഞാൻ അവിടെ ചെന്നാൽ അവിടെ താമസിക്കുവാൻ എനിക്ക് വീട് പോലും ഇല്ല അടുത്തവേലിതാ അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടെത്തണം അതുകൊണ്ട് ഭർത്താവിനോടൊപ്പം നീ സന്തോഷത്തോടുകൂടെ ജീവിക്കുക നീ മക്കളെ പ്രസവിക്കുക നിന്റെ സ്വന്തം ആളുകളോട് ചേർന്ന് നീ നിൽക്കുക एड़ांक एड़ांक ും പോത്തലഹേമിലേക്ക് വന്നാൽ നിനക്ക് ഭക്ഷണം പോലും കിട്ടുകയില്ല നിന്റെ സ്വന്തം നാട്ടിൽ പോയാൽ നിനക്ക് ഭക്ഷണം ലഭിക്കും കൂടെ ഇടം കിടയാതൊക്കെ ബേത്തലഹീമിൽ നിനക്ക് അവിടെ ഇരിക്കുവാൻ പോലും സ്ഥലമില്ലാത്ത നീ പോ നീ പോകൂ നീ പോയിക്കോളുക മോവാബിലേക്ക പോയിക്കോളുക വോർഫാൽ പോണതുപോലെ റൂത്ത് നീനും പോ ഓർപ്പ പോയതുപോലെ റൂത്ത് നീയും പോവുക ഇല്ല ഞാൻ പോവமாட்டேன் ഇല്ല ഞാൻ പോവുകയില്ല ഉണക്ക് എന്നാ വേണം നിനക്ക് എന്താണ് വേണ്ടது എന്നെ പിന്നാലേയേ വന്നിട്ടിരിക്കേ റൂത്ത് ഉണക്ക് എന്താടാ വേണം നീ എന്തു കൊണ്ടാണ് എന്റെ പുറകേ വന്നുകൊണ്ടിരിക്കുന്നത് റൂത്ത് നിനക്ക് എന്താണ് വേണ്ടது എനിക്ക് യഹോവ ഗോഡ് വേണം എനിക്ക് എനിക്ക് ദൈവം വേണം ഉമ്പടിയേ ജനം என்னுடைய ജനം നിന്റെ ജനം എന്റെ ജനം എനിക്ക് യഹോവ ഗോഡ് വേണം എനിക്ക് യഹോവയായ ദൈവം എനിക്ക് ഇസ്രായേലിന്റെ ദൈവം എനിക്ക് വേണം പുരുഷൻ എനിക്ക് ഭർത്താവ് ഇല്ലെങ്കിലും മക്കളില്ലെങ്കിലും നിന്റെ ദൈവം യഹോവ എനിക്ക് വേണം ഉറതിയായിരുന്നാൽ അവൾ ഉറപ്പോടെ അപ്രകാരം നിശ്ചയിച്ചു അമ്മായിമ്മയുടെ പുറകെ പോയ രൂത്ത് അരുമയാണ് പഴയ ഉടൻപിടി േലി ദേവനെ ഇപ്പൊ വിടാ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു മോവാബിയ സ്ത്രീ ഇസ്രായേലിന്റെ ദൈവത്തെ ഇപ്രകാരം ഉറപ്പോടെ മുറുകെ പിടിച്ചിരുന്നു എങ്കിൽ ൂട്ടർ സോഫ്റ്റ് ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ആൾക്കാരുടെ സാലറി എന്ന് ചോദിച്ചാൽ അവർ പറയും ലക്ഷത്തിന്റെ പള്ളിയിൽ നിന്ന് ഒരു പാക്കേജ് ആണ് Jesus is my desire and ambition. యేసుకృస్తు എൻ്റെ ആഗ്രഹവും എൻ്റെ ലക്ഷ്യവുമാണ്. In the package da ungalku venum. ee oru package aanu ningalkku vendathu. idan Jehovah God package Ruthukku. idu Ruth pidichukonda aa Jehovah ena package aanadu. എനിക്ക് ഭർത്താവ് വേണ്ട പിള്ളില്ലേ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊഴി എല്ലാം വേറും എൻറെ സംസ്കാരം എൻറെ ഭാഷ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സാരമില്ല എനിക്ക് എനിക്ക് യഹോവയായ ദൈവം എനിക്ക് വേണം അവിടുങ്ങ ഗോഡ് പാക്കേജോ പിടിച്ച പിടിച്ചிட்டා പറ്റಿಕೊಂಡাল ഇടി അവൾ ആപ്രകാരം ഉള്ള ദൈവത്മാഗുന്ന പാക്കേജിനെ അവൾ മുറുകെ പിടിക്കുന്നവളായി മാറി പോയി ചേണ്ടിട്ട ബെത്ലഹാം പോയിട്ടോ അവൾ ബെത്ലഹൈമിൽ പോയി ചേരുന്നു ഗോഡ് യഹോവ ഗോഡ് എന്ന പാക്കേജ് പിടിച്ചிட்டപ്പോൾ യഹോവയായ ദൈവത്തെ അവൾ പിടിച്ചു ആ പാക്കേജ് അവൾ പിടിച്ച് മുറുകെ പിടിച്ചു ഇനാചരിമ എന്നവന്നാൽ അത്ഭുതകരമായ കാര്യം നിങ്ങൾക്ക് അറിയേണ്ടേ അങ്ങ പോണാല്ലേ റൂത്ത് നഹോമിയോട് പോണാല്ലേ റൂത്ത് നഹോമിയോടോപ്പം ബെത്ലഹൈമിൽ പോയില്ലേ ഭക്ഷണം ഉണ്ട് പുരുഷ ഭർത്താവ് ഉണ്ട് പിള്ള മകനുണ്ട് മറ്റെല്ലാം ഉണ്ട് അർമ്മ സഹോദരങ്ങളെ എന്നാൽ പലരും പുരുഷ ഭർത്താവ് വേണം ഈ അനുഗ്രഹങ്ങളൊക്കെ വേണം എന്നാണ് പലരുടെയും ആഗ്രഹം അഞ്ചാനികൾ അവിശ്വാസികൾ ജാതികൾ ഇവയൊക്കെയും അന്വേഷിക്കുന്നു എന്ന് നമ്മൾ മത്തായിയുടെ സുശേഷം എഴുതിയ സുശേഷത്തിൽ നാം വായിക്കുന്നു ജാതികളാണ് ഇവയൊക്കെ അന്വേഷിക്കുന്നത് അജ്ഞാനികളാണ് അവിശ്വാസികളാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് ആർവമുടൻ നാടി തേടുകൾ വളരെ ാണ് അവരുടെ ആവശ്യമാണ് ദൈവം മുന്നമേ അറിഞ്ഞിരിക്കുന്നു എല്ലാം ഇതൊക്കെ ഉണ്ട് രാജ്യത്തെ തേടും അവടെ ദൈവത്തിന്റെ രാജ്യം നിങ്ങൾ മുമ്പേ അന്വേഷിക്കുമ്പോൾ അതിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു മറ്റു കാര്യങ്ങൾ നമുക്ക് നൽകാതിരിക്കുമോ അർമ്മേളവരെ നിങ്ങൾക്ക് എന്ത് എട്ട് ലക്ഷം പത്ത് ലക്ഷം ഒരു വർഷത്തിന്റെ ഒരു മീറ്റിംഗിലേക്കും അപ്പം ഞാനൊരു മീറ്റിങ്ങിൽ സംസാരിച്ച ശേഷം ഒരു യുവാ അടുക്കലേക്ക് വന്നു പരലോകത്തിൽ ഉമ്മ തവരെ വിരുപ്പം ഇല്ല കാര്യത്തെ നാശിക്കൊണ്ടിരുന്ന ഞാൻ അവിടെ സ്വർഗത്തിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ലക്ഷ്യം അത് യേശു മാത്രമായിരിക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി അത് പയ്യ എസ് ഒരു കോച്ചിങ് സെന്ററില് പോയി ഐ എസ് അവരുടെ ഐ എസ് തനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഒരു കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവ് webdriver meeting mudichu thandukaparam and valuable nende pesna ee meeting kazhinja shesham a yuva venodu vannu samsarichu so nominal christian avan avanoru sadharana christian e ambition irakkudadu sollringle brother sahodara ingane oru oru lakshyam enikku undagerade ennaano thaangal parayunnathu nan ias kaga nan ready aayitt iruken nan iasinu vendi padichu kondirikkukayanu chilaru mbbs kaga try pandranga chilaru mbbsinu vendi shramichu kondirikkunnu chilars central ും പലതരത്തിലുള്ള ഇപ്രകാരമുള്ള ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഒരു ആഗ്രഹവും ഉണ്ടാകരുത് യേശു മാത്രമായിരിക്കണം എന്റെ ആഗ്രഹവും ലക്ഷ്യവും എന്ന് പറയുമ്പോൾ ഞാൻ പഠിക്കണ്ടേ അത് എപ്പി എ കേക്കറ നൂടാതാ അപടി എന്നോട് വന്ന് ഒരു തരം കളിയാക്കുന്നത് പോലെ എന്നോട് ചോദിക്കുകയാണ് ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കണ്ടേ പഠിച്ചാതാ പഠിച്ചാദാപ്പാ സാപ്പാട് അപടി തലയാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നു പഠിച്ചാലല്ലേ എനിക്ക് ഭക്ഷണം കിട്ടൂ അപ്പ സഹോദരൻ്റെ തന്നെ പേശിയതാന്ന് ചേോദരനോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു ഇപ്പം നീല അച്ഛനയും നിങ്ങൾ പറയുന്ന എല്ലാം ഈ ക്രിസ്തുവിൽ തന്നെ ഉണ്ട് രാജ്യത്തിനാൽ ഉനക്ക് സിത്ത വെച്ചിരിക്കാ നീ ദൈവത്തെയും ദൈവത്തിന്റെ രാജ്യത്തെയും നീ അന്വേഷിക്കുന്നവനാണെങ്കിൽ നിനക്ക് ഹിതപ്രകാരം ഉള്ളത് ഒരുക്കിയിട്ടുണ്ട് ആഗ്രഹിക്കുന്നു അറിയാമോ മുതലേ അറിയാമോ നീ ഐസിനു വേണ്ടി നീ ശ്രമിച്ചുള്ളൂ അതിൽ തെറ്റില്ല പക്ഷേ നീ ആദ്യം ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തിന്റെ ഹിതം എന്താണ് എം ബി ബി എസ് ആണോ ദൈവത്തിന്റെ പദ്ധതി എന്ന് നിനക്ക് അറിയാം എന്നാൽ നിന്റെ ഈയൊരു ആഗ്രഹം നിന്റെ ഈയൊരു ലക്ഷ്യമാണല്ലോ നിന്റെ ഒരു ദൈവമായി മാറിയിരിക്കുന്നത് സഭ നീ സഭ മീറ്റിംഗിന് വരുന്നില്ല ബൈബിൾ റീഡിംഗ് ില്ലോടുള്ള കൂട്ടായ്മേണ്ടി നിന്റെ സമയം മുഴുവൻ നിന്റെ പോക്കും വരവും എല്ലാം ആ ഒരു ലക്ഷ്യത്തിലാണല്ലോ പോകുന്നത് ഇന്ന് യുവാക്കളുടെ ലോകം ഇപ്രകാരമാണ് അത് നശിച്ചുകൊണ്ടിരിക്കുന്നത് നീ മുഴുബലത്തോടും കൂടെ നീ ചെയ്യുക മുഴുവൽ ടത്തോളം ചെയ്യുക എന്ന് പറയും പിടിച്ചത് പോലെ ും അപ്രകാരം നിങ്ങൾ ദൈവത്തെ പിടിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനുശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതിൽ ഓപേദുണ്ടായിരുന്നു യുടെ തീരുമാനം അതിന്റെ ദുരവ്യാപകമായ ഫലങ്ങൾ നിങ്ങൾ നോക്കുക ഇവിടെ ഇപ്രകാരം നാം കർത്താവിനെ മുറുകെ പിടിക്കുക നമുക്ക് തുടർന്നും ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം